അള്ളാഹു സുബാനഹുവാല ദരിദ്രനാണ് ഞങ്ങൾ സമ്പന്നരുമാണ് എന്ന് പറഞ്ഞവരുടെ വാക്കുകൾ അള്ളാഹുസുബാനുഹുവചായാല തീർച്ചയായും കേട്ടു അവർ പറഞ്ഞതും പ്രവാചകന്മാരെ അലഹിസലാം അന്യായമായി കൊലപ്പെടുത്തിയതും നാം രേഖപ്പെടുത്തും എന്നിട്ട് നാം പറയും ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ രുചിക്കൂ